എന്നാൽ ആരെങ്കിലും ഒരു വിശ്വാസിയെ മനപൂർവ്വം കൊലപ്പെടുത്തിയാൽ അവന്റെ പ്രതിഫലം നരകമായിരിക്കും അവിടെ അവൻ ശാശ്വതമായി വസിക്കും അള്ളാഹുസുബഹാനുഹൂവത്ത ആല അവനോട് കോപിക്കുകയും അവനെ ശപിക്കുകയും ചെയ്യും അവന് വലിയൊരു ശിക്ഷയും അള്ളാഹുസുബഹാനുഹൂവത്ത ആല ഒരുക്കിവച്ചിരിക്കുന്നു